ൂറ അൽ അളവറ്റ അരുളാളനും നികരറ്റ അൻപടയോനുമാകിയ അല്ലാഹുവൻ തെരുപ്പരൽ തേരും നികഴ്ചിയതിനാൽ അന് നികഴ്ചിയെ കൊയ്യാക്ക് എം ഇല്ലേ അത് തീയോരായി താഴ്ത്തിവിടും നല്ലോരെ ഉയർത്തിവിടും ഭൂമി നടുക്കത്താൽ നടുക്കമടയ ചെയ്യും മലകൾ തൂൾ തൂളാ ആക്കപ്പെടും പോഴു ആകിവിടും അപ്പോൾ മൂന്ന് പ്രിവിനായി വിവീൽ മുതലാമവർ ബലപാരിസത്തിൽ ബലപാരിസത്ത അറിവീകളു ഇടതുപാരിസത്തിൽ ഇടതുപാരിസത്തിൽ യർ അറിവീകളാ മൂന്നാമർ നമ്പിക്കൽ മുന്ത മറുമേ ആവാര ഇവർ ഇവർക്ക് അന്മയിലാക്കപ്പെട്ടവർ ഇവർ ബാക്യങ്ങളുള്ള സുവന ചോലുകളിൽപ്പർ മുതാം അവരിൽ ഒരു പെരു കൂട്ടത്തിനും പിന്നവര ഒരു തൊഴിലിനും ആക്കപ്പെട്ട കട്ടിലുകളവരെ ഒരു നോക്കിയവറാ അവത്തിന് മീത് സായ്പ്പാക്കും നിലയാണ് ഇളമയുടേ ഇള ഇവർ പളിക്കാട്ടൊണ്ടേ ബാണങ്ങളിൽ നിലമ്പ കിണ്ണങ്ങളെയും കെണ്ടികളെയും കുവളുകളെയും കൊണ്ട് അവർ വരുവാന പരു അവൾ തല നോക്കി ആളുക മാറ്റി മതി മയങ്ങൾ ഇന്നും അവർ തെരഞ്ഞെടുക്കും കനിവകളെയും വരുമ്പും പക്ഷികളിൽ മാമിഷത്തെയും കൊണ്ട് അവ ഇളുകൾ വരുവാന അങ്ങ് ഇവർക്ക് പൂർലീൻ എന്നും നെടിയ കണകളെയുടേ കന്നിയർ ഇരുപ്പർ മറിക്കപ്പെട്ട മുട്ടക്കളെ പോലെ ഇവയവും ഇമ്മയിൽ ചെയ്തു കൊണ്ടിരുന്ന കൂലിയാകും അങ്ങ് ഇവർ വീണാനും പാവമുണ്ടാക്കും കൊണ്ടുക്കളെ ചെറിയുറമാട്ടി സാന്തി എന്നും ഉരുവാൽ അറിവീകളാ അവർ മുള്ളില്ലാതെ മരത്തിൻ കീഴും നുണി മുതൽ അടിവരെ കുല കുലയാണ് പഴങ്ങൾ വാഴ മരത്തിൻ കീഴും ഇന്നും നീണ്ട നിഴലിലും സദാ ഒലി തോടിക്കൊണ്ടിരിക്കും നീരൻ അരകിലും ഏരാളിവൈകളിൽ മദ്യ അവകാത ഉണ്ണ തടുക്കപ്പെടാത്തവൈ ഉന്നതമായ വരിപ്പുകളിൽ അമർന്ന നിശ്ചയമാ നാം ഉണ്ടാക്കി അപ്പെണ്ണികളാമീ പാസമുടയോ സമ വയനാളും വലപ്പുറത്തോക്കാത്തുള്ളോരുന്ന ഒരു കൂട്ടമും പിന്നുള്ളോരുന്ന ഒരു കൂട്ടമും വലപ്പുറത്തോരുക ഇടതുപാരിസത്തിൽ ഉള്ളവരോ ഇടതുപാരിസത്തിൽ ഉള്ളവർ യർ അറിവീകളിൽ കുടിയ അനൽ കാറ്റിലും കൊതിക്കും അടർന്ന് നിഴലിലും ഇരുപ്പിർച്ചും ഇല്ല നലമും ഇല്ല നിശ്ചയമാന്ന ഉലത്തിൽ സുഖഭോകളായി ആനാ അവൾ പെരും പാപത്തിന് മീത് നിലക്കും ഇരുന്നേലും അവർ മണ്ണാമ എലുംബു കളാ ആകിവിട്ടാലും നാം മീണ്ടും നിശ്ചയമാരു എഴുപ്പും നബിയേ നീർ കൂറും നിശ്ചയമാങ്ങളിൽ മുൻകളും പിന്നോ കുറിപ്പിട്ട ഒരു നരത്തിൽ യാവരും ഒന്ന് കൂട്ടപ്പെടുവീപി പൊയ്യാകിയ വഴികേടുകളെ നിശ്ചയമാകൂം എന്നും കള്ളി മരത്തിലിരുതേ പുഷിപ്പവർ ആകെ അതേ കൊണ്ടേ വയറുകൾ നിരപ്പീർ അപ്പുറം അതേ കൊതിക്കും നീരെയേ കുടിപ്പീർ പിള്ള ഒട്ടകൈപ്പോൾ കുടിപ്പീർ ഇത് ന്യായ തീർപ്പ് നാളിൽ അവരുദ്ധും നാമേ ഉണ്ടെ പഠിപ്പോ ഉമയെ നമ്പാ ഗർപ്പിൽ ഇന്ദ്രിയ കവനിപ്പീ പഠിക്കുക അല്ല നാം പഠിക്കുന്നോ ഉടയിൽ മരണത്തെയും നാമേർപ്പെടുത്തിയുള്ളോ നമ്മെ എവറും മികക്ക മുടാ അറിയും ഉണ്ടെ പോക്കിവിട്ട് ഉൾപ്പെടെ കൊണ്ടുവന്ന് അറിയാതെ ഉരുവത്തിൽ ഉണ്ടെ ഉണ്ടാക്കും നാം ഇലാത്തവർ അല്ല മുതാം ഉള്ള പഠിപ്പി പറ്റി നിശ്ചയമായി നെവ് കൂർന്ന് ഉണവിൽ വിതരണം അല്ലെങ്കിൽ നാം മുളക്കോ നാം നാടിനാൽ തട്ടമാക്കി വിടുവോ അപ്പാൽ ആശ്ചര്യപ്പെട്ട കൊണ്ടുപോകാൻ നിശ്ചയമാ നാം കടപി വിട്ടോ പയറുകളിലെ എം പെറ മുടിയവരായി തടുക്കപ്പെട്ട് വിട്ടോ എന്നും കൂറി കൊണ്ടുപോപ്പീർ അഞ്ചിയും കുടി കവനിന്ന് അതെ ഇറക്കിനീകാ അല്ലെ നാം ഇറക്കുകോമാ നാം നാടിനാൽ അതെ കൈപ്പുള്ളതാക്കിയിരുപ്പോ ഇവറ്റെല്ലാം നിങ്ങൾ നൻസെല മൂട്ടും നെരുപ്പമനിച്ചീകളെ ഉണ്ടാക്കുന്ന അല്ല ഉണ്ട് വന്നു കോമാ ൂട്ടുവികൾക്കും വഴിപോക്കുകളും പയനുപ്രമുണ്ടാക്കിനോ ആകെ മകത്താ ഉയ്പി തൃനാമത്തെ കൊണ്ട് തസ്പീർ തുതി നടത്തി വിഴും തലങ്ങൾ മീത് നാട്ടം ചെയ്യുക അറിവീകളായും നിശ്ചയമാ ഇത് മകത്താ പ്രമാണ ഇത് മികവും കണ്ണിയമും സങ്കയും മിക്ക ഒരു ആൺ ആകും വെ വേറെവരും ഇതിനെ തുടമാവനാൽ ഇത് ഇറക്കി അരുളപ്പെട്ടത് അവവാർന്നും കുർഹാന മകത്താറ്റിങ്ങൾ അലക്ഷ്യമാക്കി അല്ലെ ഉൾപ്പെിൽ ഒരു ഉയർ തൊണ്ട കുഴിയെ അടയും പോലും അനേരം പാർട്ടിക്കൊണ്ടിരിക്കുക ആയിനും നാമോ അവനുക്ക് ഉണ്ടെവിടെ സമീപമാരുക്കോ എനും പാർക്കിങ്ങൾ എവരുക്കും കട്ടപ്പെടാതെ ആദിക്മുടയോരായി ഉമ്മയായി അവയെ മീളവത്തിരിക്കലേ ഇറന്തവർ ഇവർക്ക് നെരുക്കമാണിൽ നിന്നും ഇരുപ്പറായൻ അവരുടെ സുഖമും നല്ലുണവും ഇന്നും ബാക്യമുള്ള സ്വർഗമും ഉണ്ട് അതപ്പുറത്ത് തോളാകത്തോടെ ഉലാം ഉണ്ടാവും ആനാ അവൻ വഴികട്ട് പൊയ്യാക്ക് ഒരുവനായി കൊതിക്കും നീരേ അവനുക്ക് വിരുദ്ധ നരക നെടുപ്പിൽ തള്ളപ്പെടുവയാണ് ഉറദിയാണ് ഉമ്മയാണ് മകത്താണ് ഉമ്മയ റപ്പിൻ തൃനാമത്തെ കൊണ്ട് തസ്പീ തുതി ചെയീരുക